അതുകൊണ്ട് അവന് പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരാധിച്ചു കൊള്ളുക പറയുക പുനരുത്ഥാന തങ്ങളെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെടുത്തിയവരാണ് യഥാർത്ഥ നഷ്ടക്കാര് തീർച്ചയായും അതാണ് വ്യക്തമായ നഷ്ടം